ധ്യായം ഏഴ് അകർത്യയാഗത്തിന്റെ പ്രമാണമാവിത് അത് അതിവിശുദ്ധം ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്തു വച്ച് അകർത്തിയയാഗമൃഗത്തെയും അറുക്കേണം അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അതിന്റെ സകല തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും മൂത്രപിണ്ടം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേതസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടെ കരളിന്മേലുള്ള വപയം എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കണം അത് അകൃത്യ യാഗം പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നേണം ഒരു വിശുദ്ധ സ്ഥലത്തു വച്ച് അത് തിന്നേണം അത് അതിവിശുദ്ധം പാപയാഗം പോലെ തന്നെ അകൃത്യയാഗവും ആകുന്നു അവയ്ക്ക് പ്രമാണവും ഒന്ന് തന്നെ പ്രായശിത്തം കഴിക്കുന്ന പുരോഹിതന് അത് ഇരിക്കണം പുരോഹിതൻ ഒരു ഹോമയാഗം അർപ്പിക്കുമ്പോൾ അർപ്പിച്ച പുരോഹിതന് ഹോമയാഗമൃഗത്തിന്റെ തോൽ ഇരിക്കണം അടുപ്പത്തു വച്ച് ചുടുന്ന ഭോജനയാഗമൊക്കെയും ഉരുളിയിലും ശക്തിയിലും ഉണ്ടാക്കുന്നതൊക്കെയും അർപ്പിക്കുന്ന പുരോഹിതന് ഇരിക്കണം എണ്ണ ചേർത്തതോ ചേർക്കാത്തതോ ആയ സകല ഭോജനയാഗവും അഹരോന്റെ സകല പുത്രന്മാർക്കും ഒരുപോലെ ഇരിക്കണം യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാനയാഗത്തിന്റെ പ്രമാണമാവിത് അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നുവെങ്കിൽ അവൻ സ്തോത്രയാഗത്തോടു എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എണ്ണ ചേർത്ത് കുതിർത്ത നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം സ്തോത്രമായുള്ള സമാധാനയാഗത്തോടു കൂടെ പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം ആ എല്ലാ വഴിപാടിലും അതതു നിന്ന് ഓരോന്ന് യഹോവയ്ക്ക് നീരാജനാർപ്പണമായിട്ട് ർപ്പിക്കണം അത് സമാധാന യാഗത്തിന്റെ രക്തം തളിക്കുന്ന പുരോഹിതന് ഇരിക്കണം എന്നാൽ സ്ത്രോത്രമായുള്ള സമാധാനയാഗത്തിന്റെ മാംസം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ തിന്നേണം അതിൽ ഒട്ടും പ്രഭാതം വരെ ശേഷിപ്പിക്കരുത് അർപ്പിക്കുന്ന യാഗം ഒരു നേർച്ചയോ സ്വമേധാദാനമോ ആകുന്നുവെങ്കിൽ യാഗം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ അത് തിന്നേണം അതിൽ ശേഷിപ്പുള്ളത് പിറ്റന്നാളും തിന്നാം യാഗമാംസത്തിൽ മൂന്നാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ടുകളയണം സമാധാന യാഗത്തിന്റെ മാംസത്തിൽ ഏതാനും മൂന്നാം ദിവസം തിന്നാൻ അത് പ്രസാദമായിരിക്കുകയില്ല അർപ്പിക്കുന്നവന് കണക്കിടുകയുമില്ല അത് അറപ്പായിരിക്കും അത് തിന്നുന്നവൻ കുറ്റം വഹിക്കണം ശുദ്ധിയില്ലാത്ത വല്ലതിനെയും തൊട്ടുപോയ മാംസം തിന്നരുത് അത് തീയിലിട്ട് ചുട്ടുകളയണം ശേഷം മാംസമോ ശുദ്ധിയുള്ളവനെല്ലാം തിന്നാം എന്നാൽ അശുദ്ധി തന്റെ മേലിരിക്കുമ്പോൾ ആരെങ്കിലും യഹോവയ്ക്കുള്ള സമാധാന യാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം മനുഷ്യന്റെ അശുദ്ധിയെയോ അശുദ്ധ മൃഗത്തെയോ ശുദ്ധിയില്ലാത്ത വല്ല അറപ്പിനെയോ ഇങ്ങനെ ശുദ്ധിയില്ലാത്ത യാതൊന്നിനെയും ആരെങ്കിലും തൊട്ടിട്ട് യഹോവയ്ക്കുള്ള സമാധാനയാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ചെമ്മരിയാട്ടിന്റെയോ കോലാട്ടിന്റെയോ കാളയുടെയോ മേധസ്സ് നിങ്ങൾ അശേഷം തിന്നരുത് താനെ ചത്തതിന്റെ മേധസ്സും പറിച്ച് കീറിപ്പോയതിന്റെ മേധസ്സും മറ്റ് എന്തിനെങ്കിലും കൊള്ളിക്കാം തിന്നുക മാത്രം അരുത് യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിച്ച മൃഗത്തിന്റെ മേധസ്സ് ആരെങ്കിലും തിന്നാൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെങ്ങും യാതൊരു പക്ഷിയുടെയും മൃഗത്തിന്റെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുത് വല്ല രക്തവും ഭക്ഷിക്കുന്നവനെയെല്ലാം അവന്റെ ജനത്തിൽ നിന്ന് ഛേവിച്ച് കളയണം യഹോവ പിന്നെയും മോശയോട് അരുളി നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ യഹോവയ്ക്ക് സമാധാനയാഗം അർപ്പിക്കുന്നവൻ തന്റെ സമാധാനയാഗത്തിൽ നിന്ന് യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരേണം സ്വന്ത കയ്യാൽ അവനത് യോവിയുടെ ദഹനയാഗമായി കൊണ്ടുവരേണം യഹോവയുടെ സന്നിധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്യേണ്ടതിന് നെഞ്ചോടുകൂടെ മേധസ്സും കൊണ്ടുവരേണം പുരോഹിതൻ മേധസ്സ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം എന്നാൽ നെഞ്ച് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം നിങ്ങളുടെ സമാധാനയാഗങ്ങളിൽ വലത്തെ കൈക്കുറക് ഉദർച്ചാർപ്പണത്തിനായി നിങ്ങൾ പുരോഹിതന്റെ പക്കൽ കൊടുക്കണം അഹരോന്റെ പുത്രന്മാരിൽ സമാധാനയാഗങ്ങളുടെ രക്തവും മേതസ്സും അർപ്പിക്കുന്നവന് തന്നെ വലത്തെ കൈക്കുറക് ഓഹരിയായിരിക്കണം ഇസ്രയേൽ മക്കളുടെ സമാധാനയാഗങ്ങളിൽ നിന്ന് നീരാജനത്തിന്റെ നെഞ്ചും ഉദർച്ചയുടെ കൈക്കുറകും ഞാനെടുത്ത് പുരോഹിതനായ അഹരോനും പുത്രന്മാർക്കും ഇസ്രയേൽ മക്കളിൽ നിന്നുള്ള ശാശ്വതാവകാശമായി കൊടുത്തിരിക്കുന്നു ഇത് അഹരോനെയും പുത്രന്മാരെയും യഹോവയ്ക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിച്ച നാൾ മുതൽ യഹോവയുടെ ദഹനയാഗങ്ങളിൽ നിന്ന് അഹരോനുള്ള ഓഹരിയും അവന്റെ പുത്രന്മാർക്കുള്ള ഓഹരിയും ആകുന്നു േൽ മക്കൾ അത് അവർക്ക് കൊടുക്കണമെന്ന് താനവരെ അഭിഷേകം ചെയ്ത നാളിൽ യഹോവ കൽപ്പിച്ചു അത് അവർക്ക് തലമുറ തലമുറയായി ശാശ്വത അവകാശം ആകുന്നു ദഹനയാകം ഭോജനയാകം പാപയാകം അതിർത്യയാകം കരപൂരണയാഗം സമാധാനയാഗം എന്നിവയെ സംബന്ധിച്ചുള്ള പ്രമാണം ഇതുതന്നെ യഹോവയ്ക്ക് തങ്ങളുടെ വഴിപാടുകൾ കഴിപ്പാൻ അവൻ ഇസ്രയേൽ മക്കളോട് സീനായി മരുഭൂമിയിൽ വെച്ച് അരുളി ചെയ്ത നാളിൽ ഈ മോശയോട് സീനായി പർവ്വതത്തിൽ വെച്ച് ഇവ കൽപ്പിച്ചു